രണ്ടു കൂട്ടർക്കുള്ള ആദാഭാവ് അറിയാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പൊട്ടിയെടുത്തിട്ട് വരുന്ന വിചാരിക്കേണ്ട പഠിക്കുന്ന എല്ലാവരും തന്നെ അതിൽ ഭയസംപ്രായത്തിന്റെ വീട് ഇപ്പം മുതാലിമെന്ന് പറഞ്ഞല്ലാരോന്ന് എവിടെ കുറവിട്ട് സൂട്ട് കേസ് എല്ലാം എടുത്തിട്ടിങ്ങനെ പരിസ്ഥാവ് അതിന്റെ പള്ളിന് മൂണ്ടാണോ മണപ്പുറം കുടുംബത്തിന് മൂണ്ടാണോ എന്ന് അങ്ങനെയർത്ഥം എന്ത് കാര്യം ആര് പഠിക്കാൻ എന്തുദ്ദേശിക്കുന്ന ആ ഓനാമൂട്ടായിരുന്നു ധാരാളമുണ്ട് പക്ഷെ മൊത്തത്തിലെല്ലാം കൂടെ പത്ത് കാര്യം അതിനെല്ലാം ഒരുമിച്ച് കൂട്ടുന്നവർ പത്ത് കാര്യത്തിൽ എല്ലാം അർത്ഥം ചെയ്യാം അൽ വവീഫത്തു പറയാ ഇതാണ് ആദ്യം വേണ്ടത് ചീത്തയായ അസലാക്കിനെ തൊട്ട് നെഫ്സിനാകെ തട്ടഹീറാക്കണം മധുമായ അവസാനമല്ലാതെ വിട്ടുമാറ്റി എനിക്ക് കണ്ടിട്ട് പഠിക്കാൻ പറയും കാരണം ഇതിൽ വിഭാഗത്തു കൽബി കൽബുകൊണ്ട് ചെയ്യുന്ന വിഭാഗത്താണ് ഇൽമത്തു ചെറു ചെറിന്റെ തലാത്ത് എന്ന് പറയാ ഇൽമിനെ പറ്റി ശരീരം കൊണ്ട് ചെയ്യുന്ന പോലെ പിന്നെ വക്കുറുമുൽ ബാത്തിനിന്നാനൊക്കെ ബാത്തിനി അടുക്കുന്ന ഒരു സംഗതിയാണ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിസ്കാരം സഹിയാവൂല്ലോ ഇല്ലാവിട്ടിൽ ചെറിയ വലിയ അശുദ്ധിയെ തൊട്ടും നജാസത്തിനെ തൊട്ടും അത് ശുദ്ധിയാക്കാത്ത കാലത്തോളം എന്താവൂല്ല നിസ്കാരം സഹിയാവാത്തതുപോലെ ഫകദാ അലിക നാദ സ ഇമാദത്തുൽ മാതിനം ഇമാറത്തുൽ ഖൽബിൽ ഇൽമു ഇല്ലുകൊണ്ട് കൽബിനി ഇമാറതാകതെ സഹിയാഗൂല ഇല്ലാ ബാദ തഹാറതിഹി അൻ ഖബായിത്തിൽ അഖ്ലാഖി വ അൻദാസുൽ ഔസാഫ് ഔസാഫുള്ള കൂട്ടത്തിൽ നിജസുണ്ട് ഹമീദായ്യിന അഖ്ലാഖുണ്ട് അതിനതൊട്ട് ശുദ്ധിയാകാത കാരണതോളം ഇൽമു കൊണ്ട് മാർകാതൻ കഴിയൂലനാ എന്തുവാങ്ങേന്നൊന്നും വരുിലല്ല ഇ Ilmu പഠിച്ചാലേ തഹിയറാകന്നുള്ളൂ അങ്ങനെണ്ടാണ് യോദാംബോ നിലമ പഠിച്ചാലേ തദ്ദേശൂന്ന് അങ്ങനെയല്ല എന്നാ പിന്നെ നെഹബ് അടിക്കാൻ തോറു വരൂല്ലേ നെഹബ്ബു പഠിക്കണമെങ്കിൽ നെഹാന്റെ കിതാവ് അതൊക്കെ നെഹബിന്റെ കിതാബ് നെഹ് ഉപയോഗിച്ചിണ്ടാക്ക കിതാവ് തന്നെ ആടുമ്പ് ആടും വരാത്ത നെഹബ് പഠിക്കണെങ്കിൽ തക്കോലിസാണോ ഇപ്പൊ തക്കോമലി നെഹബില്ലേ അഞ്ചു പാർത്തു വഹിക്കാൻ അന്ന എവിടെ അങ്ങനെ ചില തഥഹീറുകൾ എന്ന് പറഞ്ഞ ആളുകളെ കൂടി കൂടിപ്പറങ്ങിയിട്ടും മറ്റവർ അറബീസിൽ കൂടിയാക്കേണ്ടതാണ് അരീവും നലാഫത്തിന്റെ മേലിലാണ് ദീനൻ എടുക്കപ്പെട്ടത് തന്നെയെന്ന് ഏത് നല്ലാഫത്ത് ബഹുമതാലിക്കം ബാസനം രണ്ട് രണ്ടു നിലക്കും തന്നെയാണ് ബാസനിലും ഉണ്ട് നാഹിലും ഉണ്ട് നാഹിലാകണമെങ്കിൽ മുതലാകെ കയ്യാണമെങ്കിലും വേണ്ടേ ാഹുത്തൽ മുഷരിൻ എന്ന് പറഞ്ഞു ഏത് മാനാക്കാനൊട്ടാസത്തും എന്നല്ല അർത്ഥം തമ്പിഹല്ലിൽ ലൊക്കോൽ അക്കലുകളെ സൂചിപ്പിക്കുകയാണ് അല തഹാറത്തിൻസ് കൊണ്ട് ലാഹിറായി കാണപ്പെടുന്നതിൽ മാത്രമേ എന്തുള്ളൂ നജാസത്തും തഹാറത്തും ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട മുസ്ലിക്കും കളി രജിപ്പ് നല്ലത് തിരുമ്പി കുളിച്ച് വൃത്തിയാക്കി ഒരു രജാസത്തും ഇല്ലാണ്ട് അന്നാലും പറഞ്ഞമ്മിൽ മുസ്ലിക്കുൽ നജസ അതിന് വാർത്തയാണ് രജാസത്ത ഉദ്ദേശിക്കുന്നത് അപ്പൊ പൽ മുസ്രിക്കോ മുസ്ലിക്കോ കദിയക്കു നമീഫി അത്ര നല്ല നമീഫാകും ബഹസോറിൽ ബദനുവാകും ശരി കുളിച്ചിട്ടുണ്ട് പക്ഷെ വലാ ചിന്നജത്തുൽ ജൗഹർ ആ ജൗഹറാണ് രജത്ത് ിൽ ഹായി അവന്റെ ബാത്തിന് ഒരുപാട് ഹബായിത്തുകൊണ്ട് മുരത്തഹായിട്ടുണ്ട് ആ പറഞ്ഞർത്ഥം അപ്പൊ വന്നജാകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇബാറത്തുൻ നമ്മ രുചിത്തനപു വൈസുലബുൽ നാം അകറ്റണം അതിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെയുള്ള എന്ത് വസ്തുക്കളോ അതൊക്കെ നജാത്താണി വരും ായ സംഗതിയുണ്ടല്ലോ അത് ഹമ്മബുലി ജിത്തിനാവി മാറി നിൽക്കാൻ വളരെ ആവശ്യമുള്ളതല്ലേ അതുകൊണ്ട് അച്ഛൻ വലിയ അതിപ്പം തന്നെ ഹബീസായതോടൊപ്പം മഹാലിലോ മൊഹലിക്കും കൂടിയാണ് വലുതാലിക്ക് കാല തൊള്ളൊരു അതീവത്തെ വളർന്നതില്ലാത്ത മലയിക്കത്തും ബൈത്തം ഈ കൽബുൻ എന്നൊരു ഹബീസുണ്ട് ഒരു വീട്ടിൽ മലക്കുകൾ കയറൂല ആ വീട്ടിൽ നിന്നുണ്ട് നായുണ്ട് ഇവിടെ ഏതെങ്കിലും കൊണ്ടുപോകുന്നത് വലു കൽബ് ബൈത്തും മനുഷ്യന്റെ കൽബ് എന്നുള്ളത് ഒരു ബൈത്താണ് രൂപമൻസിലുൽ മലായിക്ക അവിടെയാണ് മലായിക്കത്തിറങ്ങേണ്ടത് ഇപ്പൊ മഹബിത് അതുപോലെ മലായിക്കത്തിന്റെ അത്തത് പതിയേണ്ടത് എവിടെയാണ് കൽബിലാണ് മഹാൻസ് ആറിയും അതു മിസലുൽ അടവാകേണ്ട ി വൽരു മുതലായ കിലാബം ഓരോ നിജീസം നായിക്കളം നാബിഹത്തൻ അത് കുരിച്ചടന്ന് മലായിക്കത്തു അപ്പോൾ ഈ കൽബിലേക്ക് എങ്ങനെയാണ് മലായിക്കത്തുകൾ സഹവനം വിൽക്കിലാബ് ഈ പ്രധ്യപ്പെട്ട കിലാബുകൾ നടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ وانور العلم لا يقم لكم ملائكه اند냐 വരുന്ന الملائකۃ ইল্লা ইন العلمে angg വന്ദുടയല്ല аны വന്ദ വനൂർൽ ഇൽമു ലാ യഖ്ബി ഫില്ലാഹു തആല ഫിൽ കൽബി ইল্লা ബിവാസിതത്തിൽ മലായികۃ മലായികത്തിന്റെ വാസിതത്തിൽ കൂടി അല്ലാതെ ഹൽബ ലക അല്ലാഹു തആല ഇൽമി ഇട്ടു കൊടുക്കാറില്ലാണ് വനൂർ അങ്ങനെ അല്ലാന്റെ തർസീബാണ് അതിനാട്ട ദ അമാക്കാന അലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹ ഇല്ല വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസല റസൂലൻ ഫയൂഹി ബിഹി ദിഹി മാ യശാഉ അന്നാമത്തെ ആന ഒരു ഭക്ഷണം എന്നോട് സംസാരിക്കുന്ന രീതി മൂന്ന് തരത്തിലായി പറഞ്ഞത് ഒന്നിക്കിൽ വഹയൂ അല്ലെങ്കിലോ വറാഹിജാബും അല്ലെങ്കിലോ ഒരു ദൂതനച്ചിട്ട് ആ ദൂതനുണ്ടാക്കി ഇവർക്ക് കൊടുക്കുക അപ്പൊ ഈ മൂന്നാമത്തെ ശൈലി സാധാരണ നടക്കുന്ന രീതിയാണെങ്കിൽ മലയാക്കത്തിന്റെ വധത്തിൽ കൂടി ഇവരും നന്ദി അപ്പോ കൊരൂണ്ടുകളിലേക്ക് ഇല്ലാ റഹ്മത്തുണ്ടല്ലോ അതല്ലാത്തത് അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്തുകളാണ് അതിനെ ഏറ്റെടുക്കുന്നത് മോക്കലാത്തില്ലേ പോല്ലെന്ന് മോക്കലാത്തില്ലേ അബുത്തറല്ല മോക്കലാത്ത് ചെല്ലുന്നത് എന്ത്രി അപ്പൊ അള്ളാഹു വഹദിനിയില് പറയണോ അള്ളാഹു വഹദ്രായില്ലേ പിന്നെ അള്ളാഹുമാര് വേണോ അപ്പൊ സംഘടിപ്പിക്കല അതിനെ കാണാ ചെമ്പ നലന്തര കൈഫ യാജീൻ കൈഫി യാജബ്രായിട്ട് കിടന്ന് കൈഫല്ല മലന്തരമ അതിന് മധു ഫുലു വേണ്ടേ അത് വർഹരിക്കാമോ നിങ്ങനെ അത് അതിന് പ്രധാന പോകുന്ന നിർഹരി ഉണ്ട് هذا الناس من الزندي ما سيدي بإساس الدوري منك أحيانا فتكوه وهكذا ما يرسل من رحمة العلوم إلى القلوب قلوب إليك علوم لرحمة الله تلعيك النبي إنما تتولى ها الملائكة المؤكلون بها وررى وهم المقدسون المطهرون المبرؤون عن الصفات المظمومة لتتبع شدات ما قد عمالي ملائكة വഫലാ യുറാഹിലുന ഇല്ലാ ഫയ്ബൻ അ ഫയ്ബൻ അല്ലാദോർ ഉയിയാരി ചെയ്യാൻ ജീല്ലു ഫയ്ബ അ തത്തേ കേ പോ ഫയ്ബഗന തോടു അതേ എടുക്കുള്ളു ഓർ മുറാഹമഗനില്ല വലാ യുഅമ്മiru നബി മാ ഇൻതഹും ഇൻ ഖസായിൽ റഹ്മത്തിൽല്ലാഹ് അവര കൈനൽ ഹൽബികപ്പെട്ട റഹ്മത്തിന്റെ ഖസാനുണ്ട് അതെ ഇമാറതാകൂല ഇല്ലാ ഫയ്ബൻ ഥാഹിറായ വാസറത്തിൽ അണ്ടാതെ കൊടുക്കൂല എന്ന് പറഞ്ഞാ അദം ചോദിക്കുന്നു ഇങ്ങ ഹദീസിൽ അട്ടി മുർത്തിപ്പാ ഏ കേൾക്കല്ലേ നമ്മളത് പീഡിപ്പിച്ചിട്ട് യോഗം ചെയ്ത് നോക്കൂ ഇപ്പം ഈ ഹരീത്തിന്റെ ഉദാഹരണം എന്താ ഹരി അതിനൊക്കെ ഞാൻ വലക്കൂരും ഇല്ലാന്നല്ലേ ആ അർത്ഥത്തിന് ഞാൻ ഒരു കോട്ടവും വരുത്തിയിട്ടില്ല അത് അങ്ങന്നെ കടക്കട്ടെ അതിന് ഞാൻ കൊടുത്തിട്ടില്ല ഒരു വാക്കിന് രണ്ടുദ്ദേശം വരാന്ന് ഞാൻ പറയുന്നുള്ളൂ അതാ പറയുന്നത് വലസ്തു അപ്പോലു ഞാൻ പറഞ്ഞിട്ടില്ല അൽമുറാദുൽ ഹദീത്തിൽ പറയെന്ന് പറഞ്ഞിട്ട് ബൈത്തിന്റെ മുറാത് മുൽ കൽബു എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെയും അത്തം വരാതേ പറഞ്ഞുള്ളൂ പിന്നെ ഹദീത്തിൽ പറയപ്പെട്ടൊരു കൽബുണ്ട് ആ കൽബ് എന്ന് പറഞ്ഞാൽ അബബ് സിഫാത്ത മതമാണ് തങ്ങളുദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയുന്നതിന് മുമ്പായിട്ട് തീടി പിടിക്കാമെന്ന് നിൽക്കണ്ട ഇപ്പോഴത്തെ ചെറിയ കുഴപ്പങ്ങൾ വലാഖിന്നെയാക്കൂല് ഞാൻ പറഞ്ഞത് അനുഹവ തമ്പി എന്നാൽ ഈ അതീസിന് ഇതേ അർത്ഥം വെച്ചുകൊണ്ട് മറ്റേക്ക് തമ്പി ഉണ്ടെന്ന് ഞാൻ പറയുന്നു വലിയ വ്യത്യാസമുണ്ട് ഇലൽക്ക് താബീറാക്കലോ തൊട്ടും വിടെ തന്നെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ലാഹിറിനെ പറയലിനാൽ ബാത്തിലേക്ക് തമ്പി ഉണ്ട് എന്ന് പറയണം രണ്ടും രണ്ടാകുന്നു അതാ ഞാനിപ്പം പറഞ്ഞിട്ടുള്ളൂ എന്നല്ലാണ് ലാഹിറിനെ പിടിച്ച് ബാത്തിലേക്ക് മറിക്കൽ ഒരു പണി വേറെ അതേപോ പണ്ടിയെ പറ്റൂല എന്ന് പറഞ്ഞതാണ് അത് ഞാൻ എടുത്തിട്ടില്ല പിടിച്ചിട്ട് ബാത്തിലേക്ക് തിരിച്ചുവിടേണ്ടല്ലോ അത് പണി വേറെയാണ് ഒബൈന തമ്പിഹിൽബ മാത്തിനി ബാത്തിനേക്ക് തമ്പി ഉണ്ട് എന്ന് പറയേണ്ടിരൽ നവാഹിരും ആ തക്കനിൽ ലവാഹിർ ലാഹിരായ മാനവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടാക്കുന്ന ലാഹിറിൽ പടലിലോടൊപ്പം തന്നെ ബാത്തിലേക്ക് ഒരു തമ്പിയുണ്ട് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഇവിടെയാണ് ഫാറക്കൽ ബാത്ത് ഈ വ്യത്യാസം കൊണ്ടാണ് പാത്തനിയാക്കണം ഈ പറയുന്ന തന്മാര് വ്യത്യാസം തന്നെ കിടക്കുന്നത് വ്യത്യാസം മനസ്സിലാക്കേണ്ട സംസാരിയാക്കിന്നും പണ്ടെ പണ്ട് വിമർശിച്ചിട്ടുണ്ട് ഇതിനെ പാത്തനിയാക്കുന്ന തസ്സിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ ഞാനതിന്റെ അടക്കമുട്ട മറുപടി പറഞ്ഞിട്ടാന്ന് പറഞ്ഞത് എത്തിബാർ ഇതിനാണ് തരിയെല്ലാം എത്തിബാർ പറയരുത് പറഞ്ഞ സംഗതിയിൽ നിന്ന് പറയാത്തവരുടെ സംഗതി അപ്പൊ തന്നെ അവിടെ നിന്ന് എത്തുമുണ്ട് ബഹു മസലക്കുലമായ ഇതാണ് ഉലമായ അബ്രവാർ എന്റെ മസലക്ക് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞതിലേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാ പിന്നെ ഇരുമ്പ് വർദ്ധിക്കലുണ്ടാ ഉച്ചല്ലേ ഇത് മാനല്ലേ എത്തിബാറിന്റെ മാന എന്താന്ന് പഴക്ക ബീറു എന്നൊക്കെ പറഞ്ഞേറ ഈ രായപ്പെട്ട ഒന്ന് മറ്റൊന്നിലേക്കൊരു ഇബാറത്ത് സൂചിപ്പിക്കുക നോക്കറ എന്നിട്ടോ ഫലായുക്കത്തെ മായറെ മുസീബത്തലിന് കയ്യില് അബദ്ധാക്കുന്നറിയോ അത് അതുമ മാത്രം ചുരുക്കാതെ അതിൽ നിന്ന് പുതിയൊരു മാത്രം ഇതുപോലെ ആക്കിലാ ഒരു മനുഷ്യൻ ഹൈരന്റെ ഒരു മുസീബത്ത് കാണുന്നു ഈ മുസീബത്ത് എങ്ങനെയാടോ വന്നു ചോമ്പം പറയുന്നു മരത്തമ്മ കയറിയുമ്പോ അന്ന് കൊട്ടി കൊടുക്കാന്ന് അപ്പൊ അതിൽ നിന്നിപ്പം പഠിക്കുന്നുണ്ട് മരത്തമ്മ കയറുമ്പോ ഈ പതിനുള്ള കൊമ്പ ചവിട്ടിക്കൂടാന്ന് പഠിച്ചു അത് തെറ്റായി പോയാൽ കൊമ്പുമ്മ ചവിട്ടിയാൽ ഉണ്ടാവും മറ്റൊൻ വീണടക്ക് വീണ് പഠിക്കുന്നു എന്താ പഠിച്ച മറ്റൊന്നു മുറു നടക്കുന്ന ഇതെന്താ വെച്ച് നോർന്നിട്ട് മുസീബത്ത് കണ്ട് ഇലഹു ഇബറത്തു കണ്ടാ ആ മുസീബത്തിലെന്തെങ്കിലും ഇവനിക്കൊരു ഇബറത്ത് കിട്ടി അതെങ്ങനെ ആ മുസീബത്തിൽ നിന്ന് ഇവനെന്താക്കി ഇവരെ തനമ്പുഹിലേക്ക് എത്തി ി കൗനി ആയുധൻ മസാഹിബ് ഇവനും അവനെപ്പോട്ടവൻ തന്നെയാണ് അത്തരത്തിലുള്ള മൊസാഹിബത്ത് ഇവയ്ക്ക് സംഭവിച്ചേക്കാം അതിന്റെ കാരണങ്ങൾ ഉണ്ടായാൽ എന്നതിൽ നിന്ന് വിളിച്ചിട്ട് ഓരോ സൂക്ഷിക്കണമെന്ന് അറിയല്ലേ അല്ലേ കൊണ്ടറിയല കണ്ടറിയില്ലെന്നുള്ളത് പരിപാടിയില്ലേന്ന് അത് കൗനി ദുഞ്ഞാബ് ഇത്തരത്തിൽ അതിൽ നിന്ന് മറ്റൊരു കൂടെ കിട്ടുന്നുണ്ട് ദുഞ്ഞാബ് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ പോകുന്ന എല്ലാം മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും കിട്ടും കാരണം ഇപ്പോ മുസീബത്തുകാരനായി ഇപ്പൊ മറ്റുള്ള കലാമത്തുകാരനായി സലാമത്തുകാരൻ മുസീമത്തുകാരനാവലും മുസീബത്തുകാരൻ സലാമത്തുകാരനാവലും അറിയിലുണ്ട് എന്ന് അങ്ങനെ നിൽക്കുന്നതല്ല അക്കിട്ടിലോട് അഖിലന്റെ പോക്കാൻ അപ്പൊ ഇല നഫ്സിൽ ഇബ്രത്തും മഹമൂറത്തും ഇവടെ എത്ര പോക്ക് പോയി ആദ്യം മറ്റോണിക്ക് വന്ന ഒരു കൈറന്ന് പറഞ്ഞ മുസീബത്ത് അത് ഇവന്റെ സ്വന്തം എഫ്സിലേക്കാക്കി സ്വന്തം നഫ്സലി എത്ര പോക്ക് പോയി ഇത് ഈ പുറത്തും മഹമൂദത്തും ഇതാണ് മഹമൂദത്ത ഈ പുറത്തു എന്ന് അതിന് പറയലേ അതുകൊണ്ട് ഫാദർ അന്ത നീ പോയിക്കോ ആയില്ല ഞാനാജ്ജി പോകാൻ കണ്ട നീ എന്റെ കൂടെ വന്നു എന്നെ അവസാനം ബാത്തിന്യാ സ്ഥിതി വെക്കാൻ നിൽക്കണ്ടാണ് ബിനാഹുൽ ഹൽക്കി പടപ്പുകൾ എടുക്കുന്ന ഒരു കെട്ടിടമുണ്ട് ബൈത്ത് എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്കിൽ നിന്ന് നീ കേറിക്കോ ഇതൽ കൽബില്ലോ ബൈക്ക് ബിൻബിനാ ഇല്ലാത്ത അള്ളാഹ് താല മണിതൊരു ബൈക്ക് ഉണ്ട് അതാണ് കൽബു എന്ന് പറഞ്ഞത് അസീക് ബൈക്കോ ഒരു പ്രശ്നമില്ല വമിനൽ കൽബി അതുപോലെ ഹനീസിന് എന്തൊരു കൽബ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലതീ റുമ്മൽ ഇസിഫത്തി ലാദി സൂറത്തി ആ കൽബിനെല്ലാവരും വിമർശിക്കുന്നതിന് അതിന്റെ താക്കു നോക്കി ചില പ്രത്യേക സിഫാത്തുള്ളത് കൊണ്ടാണ് നാലുകാലം ബാലും ഉള്ളതുകൊണ്ടാണ് കാട്ടിനും പറയണ്ടേ അതെന്തതിനുള്ളിലുള്ളത് മാഫി അയ്യത്തിൻ ഒന്ന് മറ്റുള്ളതിനൊക്കെ നിമിസിച്ച് കൊല്ലത്തിന്നു എന്നുള്ളതാണ് ഒരു സിപത് ഓ നജാസത്വം അതുപോലെ നജാസത്വം അതിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ അവിടെ നിന്ന് നീ കടന്നോ എവിടത്തേക്ക് മിനൽക്കൽ ബിന്റെ ബാക്കി ബി കൽബിയായ മാദയിലേക്ക് കടന്നല്ലോ അതിനൊരു കേന്ദ്രം ഉണ്ടല്ലോ അത് ഏതാ വഹ ഹിസ്തബി അയ്യത്തു മറ്റുള്ള ലൈനെ അടിച്ചു കൊല്ലുക അത് നഴിയാസത്താവുക എന്നതിലേക്ക് ും ദുലേക്കുള്ള അത്യാഗ്രഹം കൊണ്ടും നിറക്കപ്പെട്ട കൽബ് അതുപോലെ വത്തക്കല്ലുകെ അലീഹ ദുന്യാവിന്റെ മേൽ നായി നായി കടികൂണ് കടിനായി കുടുംബ തങ്ങുമ്പോ കടിനായിവിന് മൂലം എന്നും പറയലുണ്ടല്ലോ ജല തംസീലിനി അതാണ് ആ നായ്ക്കളി ദുഞ്ചാവിന്റെ വേണ്ടിട്ട് ജനങ്ങളെ ഇടലൊക്കെ പറിച്ചു കയറിയിട്ട് ഇങ്ങനെ ഓരോ മാനം കെട്ടിട്ട് എല്ലാം കൂടെ ആക്കല്ലോ അവരുടെ നായ്ക്കളി തന്നെയാണല്ലോ ഓരോ നാ കൊണ്ട് ഓ നായ് പറിച്ചു കയറി നീ ഇത് പോയിട്ടോ മറ്റുള്ള ആളെ പറിച്ചു കയറിയിട്ടുണ്ട് രണ്ടും നായ ഒന്നെയാണെന്നല്ല അതൊക്കെ നോക്കിയാൽ കൽബുംഫിൽ മായന മായനയില് കൽബാണ് കൽബുംഫിൽ സൂറത്തിലോ കൽബു ആണ് കൽബ് കൽബു ോട്ടോ നോക്കലോയ്യോ ഈ മഹാനികൾ എന്തൊക്കെയാ അന്നാണ് സൂറത്ത് എന്തെങ്കിലും നോട്ടയില്ല അകരഭംഗിയിലേക്കോ അതിന്റെ കൊലത്തിലേക്കെല്ലാം ബസീറത്ത് പോകറോ ഈ ലോകത്തിന്റെ സ്ഥിതി എന്താണ് മഹാനിനേക്കാണ് കാലിബാറ്റ് സൂറത്തിനാണ് പ്രാധാന്യം ഈ ലോകത്ത് ഇപ്പൊണ്ടല്ല ഉള്ളിക്കാതലുണ്ടോ ഇല്ലോന്ന് നോക്കണ്ട പുറംകൂച്ചിനാണ് സ്ഥാനം കൂടുതൽ വസത്തിന്റെ ആൾ നോക്കുന്ന പൊത്തേക്കൽ നോക്കുന്ന ഉള്ളിലുള്ള നോട്ടത്തിന്റെ വ്യത്യാസം വൽ മഹാനിയും ബാസിനത്തും മഹാനുള്ളിലുണ്ടാക്കും പൊകിൽ ആ കിടത്തിൽ മഹാനിയ സൂറത്ത് മായനയെ താപിയാവും അപ്പൊ സൂറത്ത് ഉണ്ടാക്കും മായനക്കൊപ്പിച്ച് സൂറത്ത് മറിയെന്നാ പറയുന്നത് അപ്പൊ ഈ നാട്ടിൽ ദുഞ്ഞാവിൽ ആരായി നായി കോലത്തിൽ സ്വഭാവത്തിൽ ജീവിച്ചൊരു മനുഷ്യനെ നായി ആയിട്ട് അവിടെ കോലം മറിക്കുന്നു മായന ഒപ്പിച്ചൊരു സൂറത്ത് മറിക്കുന്നു സൂറത്ത് എന്താക്കുന്നത് ഇവിടെ സൂറത്ത് കാലിബായി അവിടെ മഹാന കാലിബാവലിക്ക് ഇതുകൊണ്ടാണ് യുഹഷർ മാനവിയാ മാനവിയ അവന്റെ മാനയുമായി ബന്ധപ്പെട്ട സൂറത്തേതാണോ ആ കോലത്തിലായിരിക്കും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുകാന്ന് പറഞ്ഞില്ലേ അവന്റെ മായനുള്ളവർ ചേർക്കപ്പെട്ട സൂഹത്തില്ലേ ി ജനങ്ങളെ അഭിമാനങ്ങളെ പറിച്ചു കയറുന്ന ഈ മുഹമ്മദ് മനുഷ്യരെങ്ങനെയാക്കുക കൽവന്നാലൻ ഒരു നായിയായിട്ട് കോലം മുറച്ചു കൊണ്ടുവരും മായനാടാണല്ലോ മാനക്കുപ്പിച്ച സൂറത്ത് ഇലഅാലിഹിം അതുപോലെ ഇല്ല അമ്പാനിയും ജനങ്ങളെ മുതലിലേക്ക് അത്യാഗ്രഹിയായ മനുഷ്യനെന്താക്കുന്നത് ഈ വൻ ആദ്യം മറ്റുള്ള ആളെ ആയിക്കൊണ്ട് കോലം മറിക്കും കാരണം മറ്റുള്ള ആളെ പിടിച്ചുപറിക്കുക എന്നുള്ളത് ഇവിടുണ്ടല്ല വൻ ജനങ്ങളെ മേൽ ഷിബിറി കാട്ടുന്നുവാണ് കോലം മറിക്കില്ലെങ്കിൽ ഈ സൂഹത്തിന്റെ അമ്പറിൽ ഒരു പുലിന്റെ കോലത്തിന്റെ കോലം മാറ്റും ാലിബുദ്ന്റെ കൊലം മറിക്കുന്നെങ്ങനെ സൂറത്ത് ആസീൻ ഒരു സിംഹത്തിന്റെ കോലത്തിലേക്ക് മറിക്കും അതൊക്കെ ഉണ്ടാകും ഇവന്റെ ബാത്തിനായ സൗസാഫ് അനുസരിച്ചിട്ട് ഓരോ ജീവികള കോലത്തിലേക്ക് വക്കതു പകത്ത് പിതാലിക്കൽ ഇത് തുടങ്ങിയാതും മൂപ്പറ ബാത്തിനിയാക്കി ആരെങ്കിലും അച്ചരിക്കണ്ടെന്നുള്ള നിലക്ക് വിട്ടിട്ട് മൂപ്പറ എന്നിങ്ങനെ അയച്ചു കൊണ്ടാന്നെയാണ് അല്ലെങ്കിൽ കാലം പറക്കാമെന്നല്ല മൂത്രമുടുന്ന ഭയങ്കരം മൂത്രമൊക്കെ അമ്പിങ്ങനെ ചോദിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൊണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഉള്ള കൂട്ടർക്ക് എത്തിബാർ കൊണ്ടത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഇവൻ ഇന്ന് ഈ പോരത്തിലല്ല പോലെ വേണ്ടി ഇന്ന് എത്തിബാർ വേറെ പറയും ഓ സ്വഭാവം കാണുമ്പോ ഇവര് മനുഷ്യന്റെ മോഹത്തിലല്ല പോത്താക്കി നിർത്തേ ഉണ്ടെന്ന് തീർത്ഥാടകർ പറയ അപ്പൊരു ചോദ്യം ഏ എന്തെല്ലാം വടക്ക് സ്വഭാവങ്ങളുള്ള ആള് വിദ്യാർത്ഥികളായ കോളേജിൽ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് ഇത് ഇനി പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു മെച്ച പത്തിൽ എഴുതി തരാം എന്തെല്ലാം വടക്ക് തനീ ബുഖാരി നോക്കിട്ട് ഇങ്ങനെ മൂടി ഊതിയിട്ട് പുക പിടിച്ച ആളുകളും കൂടെ കിട്ടാവതി സർട്ടിഫിക്കറ്റ് വന്നിട്ടിരിക്കുന്നു മതുമുമായ അഹലാക്കി മാറ്റിയാക്കി എൽമൂട്ടു എന്നാ പറഞ്ഞില്ല മുഴിഞ്ഞുപോയി എത്ര മാർക്കാണ് ഒരു പടം രണ്ട് പള്ളിരിക്കും കിട്ടീരി നിങ്ങളുടെ ഒരു രണ്ട് പള്ളരിക്ക് നിങ്ങളാന്ന് ആ പൈൻകുൾട്ട كم من طالبين رضي الاخلاق حذر العلوم نعم എത്രയോ തീത സ്വഭാവക്കാരരായ ഗുരുതമട്ട ആളുകളോ പോലും ilmu na ta'hidiya gidu ganunnundu fahayha tama ba'dhu 'anil hilmil haqiqiyyin nafiy fil naqabatil dharibil sahada adupara parayinu എങ്ങിൽ വിരിച്ചു കൊണ്ടു വരുന്നതും ആകൃതത്തിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ആ ഇൽമിന്റെ തുടക്കത്തിലുണ്ടാവേണ്ട കാര്യം എന്താണെന്നറിയോ കാത്തിടത്തും എന്ന് പറഞ്ഞത് മനുഷ്യനെ ഹരാക്കാക്കുന്ന കൊന്നുകളയുന്ന നഞ്ചുകളാകുന്നു എന്നറിയതാണ് ആ ഇൽമിനെ തുടക്കം ഇരിക്കുന്നത് അതിനൊന്നാമത്തെ അവിടുന്നവർ വഹിത്തമഞ്ഞനാവരു സുമ്മന്മാൽ കാത്തിരൻ ഒരു വശം കൊന്നുകളയുന്ന വിഷമാണെന്ന് അറിഞ്ഞ ഒരാള് ആ വിശം കുടിക്കുന്നത് നീ കാര്യങ്ങൾ എന്ന് ചോദിച്ച അപ്പൊ ഈ ആഗ്രഹത്തിന്റെ ആ നാസിയായ ഇൽമിന്റെ തുടക്കത്തിലുള്ള തസ്തിക്ക എന്നാ പറഞ്ഞത് മാസിയസുകൾ എന്ന് പറഞ്ഞാൽ സുമലത്താണ് അറിഞ്ഞിരിക്കുക അത് അറിയുന്ന ഒരാള് വിഷം വശമാണെന്ന് അറിഞ്ഞ ആള് വിഷം കയ്യാറ് കണ്ടിട്ടുണ്ടോന്ന് എന്നാ പിന്നെ നീ കേൾക്കുന്നതിലോ ഇന്നമല്ലത് ഈ തസ്മ റഹോമിനൾ മുത്തറസിമീന ഈ മുത്തറസിന്റെ അല്ലേ കണ്ണാക്കും മാറ്റി പാസ് ആയിട്ട് വരുന്നേ ഓറവക്കം ഈ കേൾക്കുന്നത് ഹദീസും ഒരവസരത്തിൽ കൽബോണ്ട് തറുദുതാക്കിയ കുറെ വാർത്തകൾ അതെന്താക്കും ഒരവസരം ആവോണ്ടിങ്ങനെ പുറത്തേക്ക് പറയുന്നേ ഉള്ളൂ അല്ല വര ഇതാലിക്കം അത് ഇൽമിന്റെ ഒരു സ്ഥലത്തും വെക്കാൻ പറ്റൂലെ മനസ്സുണ്ട് പറയുന്ന തറുദ്ദാക്ക ഒരവസരം ആകോണ്ട് പറയുന്നില്ല ആനബിന മസ്തവദുന്നബി അല്ലാഹു പറയുന്നു ലൈസൽ ഇൽമു നബി കത്രത്തി തിവാത ഒന്നൊന്നല്ലടോ എന്താണ് ഇന്നമൽ ഇൽമു നൂറൻ യഖിഫുഹു യുഖദഫു ഫിൽ ഖൽബ് അൽ ഇൽമു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക നൂറാണെന്നാണ് അവർ പറഞ്ഞത് വകാന ബാദും പറയുന്നു ഇന്നമൽ ഇൽമു അൽ ഖശിയാമാ ഇൽമു ഖശിയത്ത് ഒന്നാണെന്ന જല്ലർ പറഞ്ഞു ഇൽമു ഖശിയത്ത് തന്നെ അതിന്റെ തെളിവ് ഇക്കൌനീസ് അള്ളാഹിന്റെ ഇബാധിയിൽ നിന്ന് അള്ളാഹുവിനെ ഉലമാക്കൾ മാത്രമാണ് അപ്പൊ ഇൽമു ഹഷ്യത്തും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇൽമങ്ങനെ ഹസിയത്താണ് രണ്ടും രണ്ട് ഹാരല്ലേ ഇൽമു വേറെ ഹസീത്ത് വേറെ അറിയപ്പെട്ടതല്ലേ അതിന്റെ അർത്ഥം ഇൽമിന്റെ ഏറ്റവും ലാസിമായ സിഫത്താണ് ഹസിയത് എന്ന് പരസ്പരം അത്രത്തോളം ബന്ധമുണ്ടെന്ന് അറിയുക വക്കഹന്തറയില ഹസ്തി സമ്രാത്തിൽ മറത്തിൽ നിന്ന് പ്രത്യേകമായ ഒന്നിലേക്ക് സൂചിപ്പിച്ചു നന്ദ രണ്ടു ഒന്നല്ല രണ്ട് മുത്തഹിതാണ് അതിന്റെ അർത്ഥമില്ല അതാണ് പ്രത്യേകിഞ്ഞ പറഞ്ഞ ബാക്കിന്റെ അർത്ഥം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അന്നളു തന്നിരുന്നു ഇപ്പ ചെലവിന്റെ ഭാഗമില്ലാന്ന് ശ്രോതം കൊണ്ടാക്കിന്ന് പറഞ്ഞ പറ്റില്ലേ അതാ കാലം അയിൽ ഇല്ല പാബൽ അയ്യക്കൂന് ഇല്ലാതില്ലാന്ന് പറഞ്ഞ അർത്ഥം അന്നൽമ അബ വംസന അറീന പരം സങ്കസിൻ അതിന്റെ അർത്ഥം എന്താന്ന് നമ്മൾ അള്ളാഹ് അല്ലാണ്ട് ഇൽമ പഠിക്കാൻ കഴിഞ്ഞപ്പോൾ ഇൽമുണ്ടാക്കി അള്ളാഹ് വേണ്ടി ആവൂന്നല്ലേ പറഞ്ഞ ഇൽമ വി സമ്മതിച്ചിന്നല്ലേ അതിന്റെ ഒരു അർത്ഥം എന്താണ് അള്ളാക്ക് വേണ്ടി നീയത്തോടെ വന്നാലല്ലാണ്ട് ഇൽമ എന്നിലേക്ക് വരൂല എന്നിട്ട് ഇൽമ എന്തായി വരാതിരുന്നതിന്റെ വയനാന്ന് അവർ പറയും അബൽമി ഇൽമ നിന്റെ കൽവിലേക്ക് വരാൻ വിസമ്മതിച്ചു അയിൻ്റെ ഇല്ലാതില്ല അള്ളാഹ്ക്ക് വേണ്ടി ആയാലല്ലാണ്ട് ഞാൻ വരൂലാം അങ്ങനെയാണ് അതിന്റെ അർത്ഥം നാം അതല്ലാണ്ട് ഇൽമ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാണ്ട് ഇത് പിടിച്ചാൽ കഴിഞ്ഞപ്പോ ഇൽമ എന്നെ പിടിച്ചാൽ അള്ളാഹ്ക്ക് വേണ്ടി ആക്കി തന്നു വയനില്ല അന്നൽമ അപ വംശന അലൈന ഫലം ഹൈക്കത്തുഹോ ഇൽമന്റെ ഹൈക്കന്റെ നമുക്ക് തുറന്ന് കിട്ടിയില്ല അന്നാക്കേണ്ടി അങ്ങനെ അല്ലാണ്ട് ഇന്ന് വരുക വാസാക്കിയും അത് കിട്ടിയതോ വൈനമാ അതീതു അൽഫാദു അല്ല ലഭുതോ അതിന്റെ അതീതോ അതിന്റെ മനലുണ്ടാവും അല്ലാഹിങ്ങനെ കിട്ടും എന്നാ പിന്നെ ഒരു ചോദ്യമുണ്ട് ൊക്ക ഹാക്കളിങ്ങനെ വലിയ വലിയ ആത്തുകളും മസാല പറയുന്നതിനൊക്കെ വലിയ വലിയ വലിയ വലിയ ഭംഗിച്ച് സ്ഥാനം എത്തിയിട്ടുണ്ട് ഓർക്കാണെങ്കിലും മർമ്മമായി അഹ്ലാഖുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും ഒന്നിച്ച് അഹ്ലാഖില്ലാന്നാണോ വെക്കേണ്ടത് എല്ലാ ഇവർ ആരും അല്ലാന്ന വെക്കേണ്ടതായിട്ട് ുത്ത അറാജമാൽമായ ഞാൻ കാണുന്നുണ്ട് അവർണ്ടാക്കി വലിയ മത്സരത്തിനുള്ള നേതാക്കൾ മാറായിട്ടുണ്ട് അതാണെങ്കിലോ സുഹൂലായ ആളുകളുടെ കൂട്ടത്തിലെ അണ്ണീനി സ്വഭാവമാണെങ്കിലോ വളരെ പോക്കാണ് അന്ന് ഇവരുടെ സ്വഭാവം പോക്കെല്ലാം നോക്കണമോ എല്ലാ ഓർ ഉലമാകെല്ലാം നോക്കണം ഇപ്പൊ എന്താ കഴിഞ്ഞിട്ട് ആളെ നോക്കിയിട്ട് സ്വഭാവം തീരുമാനിക്കാണെങ്കിൽ പറഞ്ഞല്ലോ തുന്നത്താക്കേണ്ടി വരും വീടി വിളിക്കുന്ന ആക്കെല്ലാം തുല്ത്താന്ന് കൂടിയാണ് ഉലർക്ക് വലിച്ചോണ്ട് നോക്കേണ്ടി വരും അവർ പറയുന്നുണ്ട് ആളെ നോക്കിയിട്ട് പ്രവർത്തനം തീരുമാനിക്കുക എല്ലാം വേണ്ടി പ്രവർത്തനം നോക്കിട്ടെ തീരുമാനിക്കും ഇങ്ങോട്ടാ വേണ്ടി ഓർ വലിച്ചോണ്ട് സിന്നത്താക്കണോന്ന് മെമ്മോറാണ്ടം അതാ അവർ അഹ്ലാക്ക് മതിമങ്ങിത്താണ് ഒരു തടോഹറും കാണുന്നുമില്ലോ അതിന്റെ മറുപടി ഇതാ റത്തം മറാത്തിബൽ ആദ്യം ഇൽമ എന്തെല്ലാം തരത്തിലുണ്ട് എന്ന് എന്റെ മറുത്തവ മനസ്സിലാക്കണം അതിൽ നിന്ന് ഇവർക്ക് കിട്ടിയതായിരുന്നു തീരുമാനിക്കാം അല്ല വാറ ഇൽമല്ലാഹ്റ എന്നുള്ള നേതാന്ന് മനസ്സിലാക്കുക ഇസ്താനലക്ക അപ്പൊ നിനക്ക് തെരീം അന്നമസ്തകരോപി അവർ സുഖായിട്ടിപ്പം പാസായിട്ട് വന്ന വലിയ വരെ സ്ഥാനം എടുത്ത ആളുണ്ടല്ലോ അവര് ആ വിഷ്ടകളായ കാര്യം അത് എന്ന ഭാഗത്തിൽ കൂടി ഒരു ഫലവും കിട്ടുന്ന രീതിയിൽ അയച്ചില്ല കദി ഉള്ള ആണെന്ന് മനസ്സിലാക്കുന്നു ചിലപ്പോ ആ പഠിച്ച കാര്യങ്ങളെ കൊണ്ട് പഠിക്കലെന്നൊരു പണി ഉണ്ടല്ലോ ആ പണി കൊണ്ട് ചിലപ്പോൾ ഇവിടെ നന്നാനൊക്കെ തക്കർബിനെ കരുതിന്റെ വകയിൽ കിട്ടിയതുമായിരിക്കും അത് ഇൽമായ കാലത്തിൽ കൂടി ഫലം വന്നിട്ടില്ല ആ പഠിക്കുമ്പോൾ കൂടി തക്കർബിനെ കരുതിയല്ലോ അക്കാലം എത്താൻ ചിലപ്പോ ഫലന്തം കിട്ടിയിട്ടുണ്ടാവും നമ്മ നെഹ്മൻ ആലോചിച്ചപ്പോ ഉരമാവിന്റെ ഇൽമില്ല ആശ്രയിപ്പിച്ച നെഹ്മൻ ഒരു പക്ഷെ അതുകൊണ്ടെന്താക്കും നന്നാന തക്കർബിനെ കരുതി പഠിച്ചപ്പോ അതിന്റെ ഒരു വർഗത്തി ചെന്മയായ ഭാഗത്തിൽ കൂടി അഹ് ഒരു പകരത്തിനുമില്ല പാൽ മലയ്ക്ക് ചോദിക്കുക ഇഷാറത്ത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ പാടം നോക്കുമ്പോ തന്നെ ഇനി കൂടുതലായ വിവരങ്ങളും വിശദീകരണക്കെന്താക്കാ അടുത്ത് ഞാൻ പറയാൻ പോകുന്നു ഇപ്പൊ അൽ വലീഫ് രണ്ടാമത്തെ വലീഫ ഒരു ഇരുമ്പ് പഠിക്കുന്നവന്റെ ബന്ധം കുറച്ച് പിടിക്കേണ്ടതാണ് തൊട്ടും സ്വന്തം നാട്ടിൽ തൊട്ടും ചിലപ്പോ ദൂരെ പോകേണ്ടി വരും അല്ല ഇവിടെ പണികൊണ്ട് ഒന്നും പഠിക്കുന്നുണ്ടാവില്ല നാട്ടിൽ തന്നെ ഓദ്യാ പണി നടക്കൂലെന്നാ പറയും എന്നാൽ ഞങ്ങൾക്ക് നാട്ടിൽ തോന്നിയിട്ട് എത്ര ആളായിരുന്നു അത് അല്ല കൊടുത്തിന്റെ വളരെ ദുർലഭം വളരെ നമ്മളിപ്പ സൂറ് മുഷ്ട പറഞ്ഞ ചരിത്രമില്ലാന്ന് പറഞ്ഞു എന്റെ ഓർമ്മയിൽ എഴുതി വെച്ചാൽ മറ്റോ ഒരു ബസി പോയിട്ടുണ്ട് അതിന്റെ നിങ്ങളുടെ ഓർമ്മയിൽ റെബിച്ചില്ല മൂന്ന് സ്ഥലത്താണ് ഒന്നെങ്കിൽ ഒന്ന് സ്ഥലത്ത് അല്ലെങ്കിൽ പള്ളിയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് പെരുക്ക് രാത്രി ഒമ്പത് മണിക്ക് മുതൽ ലാബിലെ സംവിസ്കാരം കഴിഞ്ഞോളം പെരുക്ക് എടയ്ക്ക് പുറത്തൂല ബാക്കി സമയം ഒന്നിക്ക് പള്ളി അല്ലെങ്കിൽ വളർത്താം എവിടേയും പുറത്തൂല്ല ഒന്നിക്ക് ചെയ്യുമ്പോ തത്രി അല്ലെങ്കിൽ വളർന്ന് കിട്ടാവും അത് വളരെ ചുരുക്കാക്കലുണ്ടാവുന്നു നാട്ടിന് പറഞ്ഞിട്ട് അപ്പൊ അഹിനെ മത്തന്നൊട്ടിട്ട് ദൂരത്ത് പോണം എന്തുകൊണ്ട് ഫൈനൽ അലായ്ക്ക ചാതിലത്തും അത്തരത്തിലുള്ള അലായ്ക്കളുണ്ടല്ലോ അത് മനുഷ്യനെ ചുവലാക്കി ലക്ഷ്യത്തിൽ പിന്തിരിപ്പിച്ചു പറയുന്ന പറയുന്നു അന്നും ചോദിക്കും അത് രണ്ടും കൂടി അപ്പം നടത്തിക്കൂടെയായിരുന്നു അതിന് മാജാലോ ജോസിനി രണ്ട് കൽബന്നരാ കൊടുത്തിട്ടില്ല എന്നാ പറയുന്നു കുഞ്ഞാവ് കൊണ്ട് പണിയെടുക്കുന്നെങ്കിൽ മറ്റേത് ഫലം കുറയും മറ്റേ തന്നെ ആണെങ്കിൽ കുഞ്ഞാവിനും മെച്ചമുണ്ടാവും പറഞ്ഞു ു മനുഷ്യന്റെ ചിന്ത എന്തായി ചിന്ന ഭിന്നമായി ഓഹരി വെച്ച് ദുനാവിലേക്ക് ആത്രത്തിലേക്കു അങ്ങനെ വന്നാൽ അസുരക്ക് അന്തരത്തിൽ ഹക്കായി കാര്യം ഹക്കായിക്ക് തിരിയൽ എത്തുണ്ടാവും സിക്യറത്ത് ചുരുങ്ങി പോക്കാൻ ഉണ്ടാവും വലിതാലിക്കാതുകൊണ്ടാണ് കീര പറയപ്പെട്ടത് അതിന്റെ വഴദിനെ നിനക്ക് തരൂലിയഹൂല്ല നിന്റെ മുഴുവനും ഇൽമിന് നീ ആദ്യം കൊടുക്കണം എന്നാ ഇൽമ് കുറച്ച് ഭാഗം അതിനെന്താക്കും എനിക്ക് കുറച്ച് തരുള്ളൂ ഇൽമിന് വേണ്ടി നിങ്ങൾ തേജ് കൊടുക്കണം എന്നാ ഇൽമെന്താക്കൂ നമുക്ക് കുറച്ചെങ്കിൽ തരുള്ളൂ അപ്പൊ അപ്പൊ നിന്റെ കുല്ലിന് മുഴുവനും നീ ഇൽമിന് കൊടുത്താൽ പാന്തമിന്നേട്ടർ ഇൽമ് നിനക്ക് അതിന്റെ ഭാഗം തന്നെ തരുമോ എന്ന കാര്യത്തിൽ തന്റെ ഖത്തറാന്ന് കാരണം ബാക്കി ചെറുപ്പം പാലിക്കാനുണ്ടല്ല നീ മുഴുവനങ്ങോട്ട് കൊടുത്ത് എന്നാ കുറച്ച് തരാമെന്നല്ലേ പറഞ്ഞ കുറച്ച് തരുന്നില്ല തന്നെ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിവിധങ്ങളായ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചുതറപ്പെട്ട ഫിക്രത്ത് ഏതുപോലെ തരും ഭൂമി ഇങ്ങനെ പോയ ഒരു തോട് ഇപ്പോൾ തോട്ടേക്ക് വെള്ളമൊഴുക്കുന്നു പല കഴിച്ചും പോയുവാണെങ്കിൽ വെള്ളം എല്ലേക്കിലെത്തിക്കാൻ കഴിയൂല ഭൂമി കുടിക്കാനേ ഉണ്ടാവുള്ളൂ ഒഴുകിട്ടെത്തണ്ടേ അപ്പോഴൊക്കെ തോട് കുടിച്ചിട്ടുണ്ടാവും വെള്ളം ഫനശപ്പത്തിൽ നടന്ന ബാധവും വസ്ത്രത്തപ്പത്തിൽ ബാധവും ഭൂമി ഉണ്ടാക്കി കുറച്ച് വെള്ളം കുടിച്ച് തീർത്ത് ഹവാറ് വന്നപ്പോ ജലത്തിനെന്താക്കി ആവി അയച്ച് കളിയും ചെയ്തിട്ടുണ്ടാവും അപ്പൊ പല ഇവ കാമിന്നും ഭൂമിയിൽ കെട്ടിക്കിടക്കുന്ന വണ്ണം ബാക്കിയുണ്ടാവില്ല അല്ലെ കൃഷി സ്ഥലത്തേക്ക് എത്താൻ മാത്രം ഒഴുകാനുള്ള ബണ്ണം കിട്ടൂലെന്നവർക്ക് മൂന്നാമത്തെ കിബറ് കാട്ടാൻ പാടില്ല ഇൽമിനോട് വളരെ വിനയത്തിൽ കൂടാണ്ട് കണക്കുള്ളൂ ഇരുന്ന് പ്രത്യേകിച്ചില്ല മലിമിൻ അതുപോലെ മാലിന്യക്കെതിരെ നീ ഭരണാധികാരിയാകാനും പാടില്ല പഠിപ്പിച്ചതെന്ന് മാലിന്യം ഉണ്ടല്ല ഓരന്മേല് ഭരണാധികാരിയാകാം നമ്മളുടെ കമ്മിറ്റിക്കാർ ആദ്യം ഓരോന്നും ശ്രദ്ധിക്കാൻ ചെലവഴിക്കും നമ്മോടെ പഠിച്ചാൽ ചെറിയൊരു വിശ്വസം സ്വീകരിച്ച ആളാവും നമുക്ക് ഓരം മേല് രജവാന്നില്ല ഓർമം തന്നെ കണ്ടുപോക്കും അമ്മു അമീറായി മാറല്ലേ നാലുമിനെതിരെ എന്താ ബോണ്ട്രോ ഇവന്റെ കാര്യം മുഴുവൻ എന്താകണം അതിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലാ തഫ്സീലിന്റെ വിഷയത്തിലും അവൻ ചെയ്യുന്ന നസിപദേശമുണ്ടല്ലോ അതിനെ മുഴുവൻ സിരസ വഹിക്കുക ഇത് ആണൽ മറീദിൽ ഒരു മറീദ് അടിയറ വക്കാറുള്ളത് പോലെ അല്ലെ തമീബിൽ മുസ്റ്റിക് ഹാദിക്ക് പ്രഗത്ഭനാരും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി മരുന്നുണ്ടെന്ന് അതൊന്നുകൂടെ നിറയുമ്പോൾ തൊന്നും എടുക്കുന്നു ഇന്നാക്കാന്ന് പറയും അങ്ങനെ ആക്കുന്നു രാവിലെ പായം നിറയുമ്പോൾ പായന്ന് ഓണം എന്ന് പറയുമ്പോൾ ഓടുന്നു പലരും ഇട്ടു പറയുമ്പോൾ ഇടുന്നു ഇടണം എന്ന് പറയുമ്പോൾ ഇടുന്നു എല്ലാം വജം ലി മഹലിമി മഹല്ലിമിന് വേണ്ടി അവൻ തമാതെ കാണിച്ചു കൊടുക്കണം ും ചെയ്തുകൊണ്ടിട്ട് അള്ളാൻ പൊക്കിന് സമാധം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു കൊണ്ടുക അബ്ദുൽ മഹാഭാഗ്രനെ പറ്റി പറഞ്ഞിട്ടില്ല ബാനി ഹസുറത്ത് റിയാകുന്നു ഇത്ര വലിയ ആളാണോ ഇത്ര വലിയ സോഫിക്കന്റെ ആളാണോ വേലൂര മാസം ചിന്തിച്ച പോലെ വേലൂരിന്റെ കുറ്റമായി നമ്മൾ തയ്യാറില്ല ബാനി ഹസത്ത് ഒരു വൈദ്യരളത്തിലാണ് എവിടെയിരുന്നു എന്നിട്ട് വൈദ്യ എന്തെല്ലാം പറയുന്നു ഇടിക്കാനും പൊടിക്കാനും മരക്കാനും മരുന്ന് വരുന്ന കംപ്ലീറ്റ് പണി മുഖപ്പോ മെനക്കെട്ടിട്ട് എടുക്കും നല്ല വൈദ്യറാണ് ഉസ്താദ് മരിച്ച സൂറ ആ കേച്ച് ബാക്കി സമയം കൊണ്ട് ഉസ്താദ് കിട്ടാ ഓന്നി കൊടുക്കും ആ ഉസ്താവിനൊക്കെ നൂറ് ഇൽമ എന്ന് മുഴുവനും കരസ്ഥമാക്കും ചിലപ്പോ പലരെ മുഴുവനെ ഇപ്പായിരിക്കും രാത്രി മുഴുവൻ കിട്ടാ ഓന്നിരിക്കും ഉറങ്ങാൻ ടൈമേ ഡൗലണ്ടി എന്നാൽ രാത്രി വർക്ക് വെച്ചിട്ട് പകലത്തെ പണിയിൽ എന്തെങ്കിലും അത്സാഹക്കുറവ് ഉണ്ടാകുന്നുണ്ടാവൂല എന്നിട്ട് വലിയ ആദ്യമായി വലിയ കഴിച്ചീലം വാങ്ങിയ ശേഷം ഓർവാക്കുന്നല്ലോ വാക്കിയും ബിൽഡിംഗ് കൊടുക്കുന്ന താനാണേത് വാക്കവി അല്ല ഓർവ് വാക്കവിന്ന് വിചാരിച്ച കണ്ടോർക്ക് സ്ഥലം കിട്ടിയപ്പോ എന്ത് ഹതികളെ വന്നാലും ആ ഉസ്താദിനെ പരസ്യ കത്തിക്കില്ല ആ കുടുംബക്കാർക്ക് ഓർത്തിട്ട് വാക്കിയെല്ലാം ചെയ്യുന്നു പറഞ്ഞു എന്നാൽ എന്നാലും ഇവർക്ക് കൂടുതൽ ഫീലിംഗ് ഉണ്ടാവും ഫീലിങ്ങിന് സ്ട്രോങ് ഉണ്ടെങ്കിൽ അതിന് തെളിവുണ്ടാകുന്നു കൂടുതൽ ഹിജാ ഹിജാറാന്ന് പോയി നര കത്തി കത്തിക്കല് ശരി പാറയാന്ന് ചൂട് കൂടാൻ വേണ്ടി അതോ തെളിവു അപ്പൊ സ്വന്തം ശിക്ഷനെ പിടിച്ചുണ്ടാക്കുന്ന സിനിമ കിട്ടിച്ച് അപ്പൊ അതിനായിട്ട് പറഞ്ഞുപോയി അപ്പൊ അവർക്ക് മാനസികമായ പുസ്തകം ഉണ്ടാവുന്നു കാലശാബി പറയുന്നു ഷാബി നമ്മൾ അവരുടെ ചരിത്രമായിട്ട് കൊണ്ട് ക്ലാസിൽ ഓടിച്ചിട്ടുണ്ട് എന്നാൽ മഹാൻ زيد بن ثابت رضي الله عنه قرم يتنمن سكينشي على جناغتين ابا فقربتو إليه بغلته اوك قاران لايه قاران لايه آدنا نعانا باكيرتش والفتشورت ليرتك باها آدنا قاران مرليه زيد بن ثابت رضي الله عنه نقران فجاء ابن اباس رضي الله عنه يأخذ فاقر بريكام بيه ادنين قائل اللي ادنين برشي അപ്പൊ തങ്ങള് പറഞ്ഞു റസൂരിലായി റസൂറും അതുകൊണ്ട് ഒഴിവാക്കുന്നു നിങ്ങൾക്കല്ല സ്വക്കാലം ഇബിനെ അബ്ബാസ്ന്താ പറഞ്ഞു ഹാ കഥമിർനുലമായി വൽക്കും പറ വയസ്സ് മൂത്താലോടും ഇങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളോടുള്ള കൽപ്പന എന്ന് ആര് പറയുന്നത് അബ്ദുള്ള അബ്ബാസ് വന്നു ഓർ അഹില് അപ്പൊ കമ്പന സൈതുബി സാമിത്തൽ അറിയന്താന്ന് യഥകു ഇതിനെ അബ്ബാസ് തങ്ങളെ കൈ മുത്തി മുത്തിയിട്ട് പറഞ്ഞു ഹാ കഥാ ഉറന്നി അഹിലിത്തിൻ നമ്മൾ അഹലിബേത്തിനോട് ഇങ്ങനെ ചെയ്യണോട് നമ്മളോടും കൽപ്പനയുണ്ട് അപ്പൊ ഒരാൾ മുലാർക്ക് ഒരാൾ തന്നോ സൈതുബിൻ സാമി തങ്ങളും ഇരിക്കും മുതിരാറ് മറ്റൊരു അഹിനി ഇപ്പൊ അഹിനെ കാണാൻ മറ്റുള്ള മറികടക്കുന്ന ഒരാൾക്ക് തൊപ്പി കൊടുത്തപ്പം വേറെ അലനാഗത്തിലല്ലേ പോയത് അറിയോ തങ്ങൾക്ക് തൊപ്പി മാത്രം കൊടുത്തിട്ടുണ്ടാക്കി മറ്റൊരാം വയ്ക്കരു നേരെ തലമുറ അതെന്ന് തൂല്യത് ഏറ്റവും വലിയ വലിയ ഉദാഹരണം ിൽ പെട്ടതല്ല തമല്ലുക്കൂറ സ്നേഹം പിടിച്ചു വെച്ചാൽ മതി ഒക്കെ കൂടലുണ്ടല്ലോ അത് മോമിന് വെറ്റൂല പക്ഷെ ഒരു കാര്യത്തിൽ പറ്റും ഇൽ നിൽക്കാൻ മതി ഇല്ല നീ തലബിൽ നിന്നിന്റെ വിഷയത്തിലല്ലാതെ അങ്ങനെ കൂട്ടിപ്പറ്റി കൂട്ടിച്ചോള ഓർക്കുന്നുണ്ടെങ്കിട്ടു ആ പിന്നെ കൊടുക്കലുണ്ടല്ലോ മറ്റുള്ളൊരു കാര്യത്തിന് തമല്ലുക്ക് പാടില്ല എന്നു ഒരു സ്നേഹപ്ര കടഞ്ഞു പോയി നടത്തി ইলম নিতে উচিত ফাল আয়েমবা গনি তালিবিল ইলমি বতুলা আয়ে তাকাব্বারা আলাল মুআল্লিম মুআল্লিম ইনকেদাই আইট তাকাব্বুর কাটুলে বতে জিলা না বল হাম আঙ্গানা তাকাব্বুর উন্ডা গো তাকাব্বুর পরনেরা ওয়ামিন তাকাব্বুরিহি আলাল মুআল্লিম মুআল্লিম ইনকেদাই তাকাব্বুর কাটুনা ইনন দান পরিয়ো আয়েস তানকি ফানি ইসতিফালতি ইললামিনাল মারমুকিনাল মাশহুরিন പ്രസിദ്ധരായ വലിയ വലിയ വലിയ കേളി കേട്ടാൾ ഉണ്ടാവുമല്ലോ പേര് പേരടിച്ച് വരുന്നത് ഓരോക്കെ പോയിട്ടേ ഓതള്ളു വേറെ ആൾക്കും പോയി ചോദിക്കില്ല എന്നാലും ഓര നിശ്ചനാന്ന് പറയാൻ മടി അതേപോലത്തെ സമൂഹിലായി കഴിഞ്ഞുകൂടുന്ന വളരെ രഹസ്യമായി കഴിഞ്ഞു കൂടുന്ന വളരെ നല്ല ഒഴിഞ്ഞടിക്കുന്ന ആളുണ്ടാവും നല്ല രഹസിക്കാറില്ല അടങ്ങുന്ന വിരക്ക് ആളൊന്നും പോയി ചോദിക്കില്ല അപ്പൊ ഈ ഓരത്തെ പിന്നെ പോകുന്നു ഈ ചായപ്പൊട്ടി മോഡലിന് എന്നാ ഓദ്യാക്ക് ഇന്നടം നമുക്ക് പറഞ്ഞ ആളാണോ അങ്ങനെയല്ലാത്ത ആണ വെക്കുന്ന ഓതെന്നെ ഒഴിക്ക് നാണച്ചിടുന്നു അപ്പൊ ആദ്യം ഇവരിൽ വങ്കിച്ച ടിവരുണ്ട് എന്നായി ആ ടിവർ ഒരാൾക്ക് പുറത്ത് കിട്ടിയിട്ടില്ല അതിനുള്ള ഹെമാക്ക ഈ ചൈന പണിയാണെങ്കിൽ ഹെമാക്കത്തിന്റെ കട് കെട്ടിയ വൈന്നൽമ സബകുൻ നജാത്തിമ ഇൽമെന്നുള്ളത് നജാത്തിന്റെ സാദത്തിന്റെയും കാരണമാണ് വമറബം മീൻസ് ഒരു മനുഷ്യന് ഒരു വലിയൊരു കുടിമൃഗം വന്നിട്ട് ഇവനെ പായിക്കുന്നു കുന്നം പടിവനെ പായിക്കുന്നു വായിക്കുമ്പോൾ ഇവരിക്ക് ഓടി രക്ഷപ്പെടാനുള്ള മറ്റൊരു വീട്ടണ്ടേ എന്നാൽ ഹർബി മഷൂർണ് ഹാബിറൻ ഇങ്ങോട്ട് പോയി രക്ഷ മാർഗം ഉണ്ട് മഷുഹൂറായ ഒരാൾ കാണിച്ചു കൊടുത്താലും റൈറ് മഷൂറൂറായ ഒരു പാവപ്പെട്ടും കാണിച്ചു കൊടുക്കാൻ ഉണ്ടാക്കും വിദ്യാഭ്യാസം ഉള്ളത് ഇങ്ങോട്ട് പോയിഞ്ഞാൽ ഓട രക്ഷ രക്ഷ മാർഗം ഉണ്ട് കാണിച്ചു ആരവരോട് ഒരു കാറിൽ വരുന്ന മഷുഹൂറായ ഫുലാനി പിന്നെ ഫുലാനി മറ്റൊന്ന് അങ്ങാടി പോന്ന് ഈ ഒന്നല്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ ആര് വയ്യാഴ്ച കൊടുത്താൽ അവർക്ക് രക്ഷപ്പെട്ടു വിടേക്കും അപ്പൊ ഇവിടെ മഷഹൂറിന്റെ സ്വാമിന്റെ അടി എന്ത് വേർതിരിക്കുന്നു ഓ തറാബത്ത് സിപാൻ എന്നാൽ നിന്റെ ജഹാലത്ത് കൊണ്ടുണ്ടാകുന്ന സിപായുണ്ടല്ലോ അത് കുഞ്ഞാലിനെ പിടിക്കാൻ എന്ന നെല്ലിനേക്കാണ് തടുപ്പാന്ന് അശബ്ദു ഏത് പുടിമർഗത്തിന്റെ തറാബത്തിനേക്കാളാണ് അശബ്ദാണേത് അള്ളാനെ കൊണ്ടുള്ള ജഹിലുണ്ടല്ല ആ ജഗതി അതോടൊപ്പം ഹിക്കുമ്പോത്തുൽ മുഹമ്മീൻ ഒരു മുഹമ്മീന്റെ വീട് പോയ സ്വത്താണ് ഹിക്കുമ്പത്ത് അത് ജഗത്തൈമുഹ ഇത് എന്ന സർമീഹ എവിടുന്നാണോ കിട്ടുന്ന അവിടുന്ന് കോരി എടുത്തോളം കായിന മൻഖാന ആരാണോ ഇവനിക്ക് എത്തിച്ചു കൊടുത്തത് അവനോട് നന്ദിയുള്ളവനായിരിക്കണം കൊണ്ടുത്തന്നാൾ ആരാരും ഇല്ല ഒരു ചാക്കപ്പെട്ട ആണെന്നൊക്കെ വലിയ വലിയ ഞാൻ പോയി ചോദിച്ചു ചെറിയ കിടയിലൊന്നും ഞാനോതാൻ പോകില്ല ഞന്മാരാണ് അപ്പൊ ഈ ചെറുകിടക്കാരനായി അറിയപ്പെടുന്ന ആലിമിനാക്കാളിപ്പം പെരിയാളായി പോയില്ലേ ആ തക്കമ്പുറ് രൂപടുത്ത് കാണിക്കും അത് അധികം തീരട്ടില്ലല്ലത് ചിബറ് കാട്ടുന്ന ചെക്കനോട് വളരെ സമരത്തിലാണുള്ളത് ഇൽമുമായിട്ട് ഭയങ്കര പൊയ്റ്റിങ്ങില്ല എന്നാണ് അതേതുപോലെ മോന്താത്തിന്റെ മുകളിൽ വെള്ളം വീത്താന്ന് രണ്ടാൽ ഒരക്ഷത്തുള്ളി അവിടെ നിൽക്കില്ല ഒഴുകി ചേരക്കല്ലേ വെക്കൂ എന്നതുപോലെ മോന്താറ്റ മോള് വെള്ളം വീത്തുക ഒരു വള്ള കെട്ടി വെക്കുവോ ഒഴുകി പോകൂ എന്ന് പറഞ്ഞാൽ മാതിരി ചിവിറുകാട്ടുന്ന മുട്ടിയായി മോന്താറ്റമെത്തിൽമു പറഞ്ഞ നനുഭവിക്കില്ലെന്നാണ് അണ്ടോ പലായനാറുള്ള ഇതിൽ കൊറേ വിക്രണ്ട് ആ പ്രത്യേക കൽബുകാരനെ അല്ലെങ്കിൽ ആ വൽക്കാന് കാതിട്ട് കൊടുക്കണം ഇത്തരത്തിൽ ബഹുബഷീദ് കൽബ് ഷഹീദായിക്കൊണ്ട് ചെയ്തെന്ന് വെച്ചാൽ യുദ്ധത്തിൽ കൊല്ല ഈ പറയുന്നതിലേക്ക് ശർദ്ധ വെച്ച് കൊണ്ടിട്ട് കാതിട്ട് കൊടുക്കണം അപ്പൊ ഒരു കൂട്ടർ കൽബ് കൊണ്ട് മാത്രം ഇതാ ജി ചെയ്യുന്ന കൂട്ടരുണ്ട് വേറെ കൂട്ടറോ ചന്ദ്രം കൽബ് രണ്ടും കൊടുക്കിച്ച് കൂട്ടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ണിലെത്തിയോ ചർത്തി വിചാരി എന്തെല്ലാം വിചാരനീ ക ഇവിടെ കൽബ് എന്ന് പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം നിന്ന് അഞ്ഞകൂന കാബിലി പഹുമൻ ഈ ആ കൽബിന്റെ പഹുനെ കബൂൽ ചെയ്യുന്ന ഒരു പാത കമ്പിനുണ്ടാകുന്നു അല്ലെങ്കിൽ അവറിയുടി കയറി പോകും കൊട്ട കൂടി ഇനി വെളിച്ചു വെളിച്ച മുകളിലും ഒക്കെ കൊന്നുല്ല ഓർന്നുപോയി പോയി ثم لا تعينه القدره على الفهم ان فهم من الميل قدره ما ترونه تساعده حتى يقي الصم اعنه तोड़कनम एतदिल वहु बाशहीदुल हाजिरुल कल्बी कलब हाजिर आयचोन अदिरि नक्षम भितवनाकी वरनलेक बिद्याते यिदना अदियस्तक बिलम कुल्लम मा उलकि इलैहि बिहुस्निल इस्गाल वलराअत वशुकर वलफرح वकमूरिल मिन्ना അതിനെ കിട്ടിക്കൊടുക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താക്കണം നല്ല ശ്രദ്ധ നല്ല താമസ കേൾവിൽ വിനയം ശുക്ർ ഇത് കിട്ടിയല്ലോന്നുള്ള പറ അതുപോലൊരു മിന്നത്തിന് കബൂൽ ചെയ്യൽ എന്നുള്ള എല്ലാ സിപാദം കൂടെ കൂടിയിട്ട് വേണം അതിനേക്ക് ഇങ്ങനെ സ്വീകരിച്ച് യോഗം മാറ്റി മനസ്സിലാക്ക അതുകൊണ്ട് കാർലിൻ ദമിസത്തിൻ നാലത്ത് മാത്രം ഹരീസൻ അതുകൊണ്ട് മുത്താലിന്യ മാലിന്യമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് അറിയോ നല്ല ബാലക്കൂറുള്ളൊരു മണ്ണല്ല അതിന്റെ വെച്ച മഴ കിട്ടി പെയ്തൊക്കെ ഇണ്ടാകും എന്തെല്ലാം വീത്ത നല്ല മുളക്കു നല്ല മഴ പെയ്തു അപ്പൊ ദശാമത്തെ ജമീ അരിത അപ്പൊ മഴ എന്തായി മണ്ണ് കമ്പിളിക്ക് വെരിച്ചു കുടിച്ച് മണ്ണ് പൊതിർന്നല്ല ട്ടോ വാഗാനത്ത് ബിൽക്കുല്യത്തി ആ വെള്ളം കംപ്ലീറ്റ് സ്വീകരിക്കാൻ വേണ്ടിട്ട് അതൊരുങ്ങി തയ്യാറായി അതെന് വിറ്റാലും മുളച്ചു കൊടുത്തിട്ട് വളവുണ്ട് വെള്ളവും കിട്ടി നല്ല പാതയുള്ള വണ്ണയുമാണ് ഇതുപോലെയാണ് മഹിമാലും പഠിത്തത്തിന്റെ വിഷയത്തിൽ ഇന്ന ശൈലി സ്വീകരിക്കാമെന്ന് മല്ലിമിം എനിക്ക് സൂചിപ്പിച്ചാൽ അത് അംഗീകരിച്ചു കൊള്ളണം ഇന്ന ശൈലി കൂടിപ്പൊടിച്ച കാര്യം വേണ്ടതിരിയുമെന്നോ എനിക്ക് ഒരു അനുഭവം എളുപ്പമാർഗത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും ചില മാർഗമുണ്ട് എങ്ങനെയാക്കിയാൽ ഈ കാര്യം വേഗമാവും അന്ന് അതെന്നെ അംഗീകരിച്ചോളാം വലിയ ഇകളുടെ സ്വന്തം അഭിപ്രായത്തിനാണ് തൽക്കാലം വേണ്ട നോക്കുക എന്തുകൊണ്ട് ഫൈന ഹതകൂർശിഹി അന്തഹുരവും മീൻ സമാധിഹി തീനത്തി ഇവന്റെ സ്വന്തം നെഫ്സിൽ സ്വാബ് കിട്ടുന്നതിനെക്കാണോ പല ആയിരിക്കും ഇവന്റെ മുറിച്ച് ആയ കത്ത വന്നാലായിരിക്കും ചിലപ്പോൾ ഫലം കിട്ടുന്നത് അത് മുറിച്ച് ആണ് എന്നല്ല ഒരു ഇപ്പുറത്തെ പവറുണ്ടല്ലോ അടേ അയാളെ ആയിരിക്കും ഇവന്റെ സ്വന്തം നെഫ്സിന്റെ സ്വാബിനേക്കാണോ ചിലപ്പോലത്തിൻ്റെ എത്തുക അന്തതിന്റെ കാരണം ഇതിട്ടീബത്തു തത്തുലീന ഇദ്ദേഹത്തിന്റെ അനുഭവജ്ഞാനുണ്ടല്ലോ കുറെ കാലം ഇതുമായി കൃഷിമറിഞ്ഞ് ആയിരിക്കും അല്ലെ അല്ലിമെന്ന് പറയുന്നത് ഇന്നത്തെ മറുസലിമിന്റെ അവർ അല്ലല്ല കുട്ടിനാക്കാണെ ചിലപ്പോ പാമ്പത്തന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ അതിന്റെ കുറേ ശമ്പളം കൊണ്ട് പെട്ടാക്കയും കനായസും പോണോ പക്രവും പോണോ രണ്ടും കൂടി ഉണ്ടായാൽ ഇതിനെ വറുത്ത് പണിപ്പിച്ചു പിന്നെ ഓരോ ആണ് ഉം ആ ഫോണാന്ന് തോന്നിച്ച് തജരിപത്ത് ഇവൻ എത്തിച്ചിട്ടുണ്ടാകും പല തന്ത്രങ്ങളിലേക്ക് ദൈക്കിലേക്ക് എങ്ങനത്തേതൊക്കെ അത് കേട്ടാലും അറിയായി തോന്നുന്നത് എന്താ ഇങ്ങനെയാണ് പക്ഷേ മണ് ഉയർന്ന മൂന ആ ദക്കായിക്കിന്റെ ഫലാണെങ്കിലും വളരെ അറിയുമുമായിരിക്കും അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ആയിരിക്കുകയോ ഇവന്റെ പഠിച്ച് പഠിച്ച് പാസ്സായ യൂണിറ്റി ചില തന്ത്രങ്ങൾ അറിഞ്ഞു നാലും കിട്ടും ഈ ചൂട് ബാധിച്ചിട്ട് ചില രോഗം ബാധിക്കില്ല ചൂട് ഉഷ്ണാദിക്കത്ത രോഗം ബാധിക്കല്ല അങ്ങനെ അത് മഹരൂറായ രോഗി മഹരൂറായ രോഗികളൊരിക്കലാജു പോയി ഒരു വൈദ്യുത കൊണ്ടാന്നിട്ട് സബീബ് ചികിത്സിച്ചങ്ങനെ ചില സമയത്തിൽ ഹരാറസ് കൊണ്ടല്ലേ അപ്പൊ നമ്മെന്താ പറയോ ഓനിക്കല്ലെങ്കിൽ തന്നെ ഹരാറുട്ടാ പോയിന് അയാൾ കൊണ്ടും ഹരാറത്തിന് പറഞ്ഞെന്താക്കുന്നത് എന്നാൽ നീ പറഞ്ഞ കണ്ട ചിലപ്പോ ചൂടിന് ചൂട് എന്താക്കും ഹോമിയോപ്പതി ആയി എന്തേമിയല്ല അതിന് വേറെ കാര്യം വേറെ ഉണ്ടെങ്കിൽ അതെന്തിനാണെന്ന് പറഞ്ഞോ ഹരാളത്തോണ്ട് കൊണ്ട് ജീവിച്ചത് ഇലാജിന്റെ ചികിത്സ എന്റെ ആ കാടിന്റെ ഉണ്ടല്ലോ അത് തഹിക്കാൻ വേണ്ടിയിട്ട് ഇവര് കുംഭത്തിലേക്ക് ഇതിനെ കേൾക്കാൻ വേണ്ടിട്ട് അയക്കുവേണ്ട തന്ത്രം ഈ അപ്പൊ പയ്യാഴ്ത്തി മല സുമറത്തല ഹോബി ഇതിന്റെ പരിചയം ഇതിനെ അക്ഷേപിച്ചി വരും ഓ എങ്കിൽ അല്ലെങ്കിൽ തന്നെ ചൂടാഴ്ച പോയി നോക്കുമ്പോ ചൂടും അല്ല ചൂടാക്കിയിട്ടാണ് ഓ ഇങ്ങോട്ട് അയച്ചേ ആയിരം രൂപ കാണേണ്ടായിപ്പോയി കഥ വന്നപ്പോ ലക്ഷോ റുപ്യ കാണണ്ടായിപ്പോ കഥ ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടിപ്പോ അവരാണ് ഈ കഥയൊക്കെ തന്നെ അതിനോട് വന്നത് പക്ഷെ അതിനോട് ഈ പാടുണ്ട് നിന്റെ ആയിരം റുപ്യയിലേ പോലുള്ളൂ ലക്ഷം പോയപ്പോൾ ഓരന്ത് കൈകാര്യം അതിന്റെ പത്തിനൊന്നേ എത്ര വേണ്ടി നൂറില് നൂറിലൊന്നേല്ല നിനക്ക് വന്നിട്ടുള്ളൂ എന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കഥ ഓർമ്മ അതാ ഓന്നിയോ وقد نعم الله <سؤال> تعالى <سؤال> بقصه الخضر <سؤال> وموسى عليه السلام രണ്ടാം കഥയിൽ അള്ളാഹു തഹാല വാദം പോടിച്ചന്ത ഹൈത്ു കാനൽ ഖള്റു അലൈഹി സലാം പറഞ്ഞു ഖള്റുൻ വൈകണന്ന ഇന്ന കലന്തസ്പ്രതീഹ മഹിയ സബ്രാസ് ആദാം പറഞ്ഞു അന്റെ കൊടണിക്ക നീയെന്ത് ചെയ്യുന്നല്ല മുസലി عليه السلامേ ഇത് ഏ സകൈ ഫതസ്മീറു അലാമാലം ഫഹത ബിഹി കുംറാ നിങ്ങൾക്ക് വിവരം പൂർണ്ണമായി കിട്ടാത്തതുകൊണ്ട് എന്നെ മണഞ്ഞി കേൾക്കാൻ കേയുവോ മുസലി ഇസ്ലാമിനെ അപ്പുറ നോക്കി 100 പറഞ്ഞു അതുകൊണ്ട് തുമ്മ ഷറത്താലേ തുക്കൂത്ത പത്തത്തിനി പിന്നെന്താക്കി എന്ന് അറിയോ മുണ്ടാൻ പാടില്ല ചെയ്യുന്നെല്ലാം കണ്ടോളം പറയുന്നെല്ലാം കേട്ടോളം ആദ്യം ചെറുത്ത് വെച്ചോട്ട് എന്താ പറഞ്ഞു എന്റെ കൂടെ വരാ പക്ഷെ ഒന്നും ചോദിക്കാൻ പാടില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞത് വരെ അല്ല ഞാൻ അങ്ങോട്ട് പറയും പക്ഷേ തുമ്മല സുമേർക്ക് ശ്രമിക്കാൻ കഴിഞ്ഞില്ല വനമഴൻ കീ മുറാവദ തേ പിന്തുണടകി തിരിച്ചു ചോദിക്കുന്നല്ല മുഫറൈ ആയി കൊണ്ടേ ഇണ്ട് ഇലാ അങ്കാന ദാലിക സബബൽ മുറാക ബൈന റുമാ രണ്ടേയും കഞ്ഞി മൂന്നാമത്തേ എന്ന് പറഞ്ഞാ ദാലിക ബൈന ഉബൈന കാന്ന് പിരിയണ്ടങ്ങത്തേക്കാ വന്നു വരും ഓക്കേလား വബിൽ ജുംലതി കുല്ല മുതഅല്ലമി നിസ്ബകാന ഫിഹി റഅയൻ വഖിയാരൻ ദോൻ ഇഖ്തിയാർ അൽ മുഅല്ലമി ഫഹക്കും അലൈഹി ബിൽ ഇഖ്ഫാഖിൽ ഖുസറാ ഫഹക്കും അലൈഹി എന്ന പറഞ്ഞോണം പറഞ്ഞിടത്തെന്താ ഏതൊരു മൊത്താലിറ്റിയും അവന്റെ സ്വന്തം നെസ്റ്റിന്റെ ഒരു റയ്യം എഫ് ടി ആറും പറ്റി വാല്യുമെന്റ് എഫ് ടിആറിനെ കൂടാതെ എന്നാണ് മനസ്സിലാക്കിക്കോളണോ അവനി പഠിക്കാൻ പോകുമോ നഷ്ടക്കച്ചവടാണ് അവനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല തീരുമാനിച്ചു അങ്ങോട്ട് പഠിപ്പിക്കുന്ന അളയി മാറി അന്ന് ചോദിക്കുന്നത് ചോദിച്ചുകൂടാൻ പറഞ്ഞപ്പോ ചോദിക്കല്ലേ അല്ല പറഞ്ഞു ഫസ്തലോ അഹലദ്ദിക്കി എന്നല്ലേ അല്ല പറഞ്ഞതിന് ചോദിക്കണമെന്നല്ലേ പറഞ്ഞു പക്ഷെ എപ്പോൾ ചോദിക്കണം എങ്ങനെ ചോദിക്കണം ആ ചോദിക്കാൻ അതിന് മര്യാദ അങ്ങനെയാണ് വലിച്ചു ചോദിച്ചോ നോക്കുത്ത സ്വക്കന കാലം ആഹുത്താനാ ഫസ്തലും അഹലദ്ദിക്കരി ഇൻകുത്തുമില്ലാ താനമോ നിങ്ങൾക്കറിയില്ലെങ്കിൽ അനുകൃദിക്കെന്നോട് ചോദിക്കണമെന്നല്ലേ അല്ല പറഞ്ഞത് ആ ഫസ്റ്റ് കാലം ആമൂറമ്പിനി ചോദിക്കണമെന്ന് അല്ല കൽപ്പിച്ചില്ലേ നിങ്ങെന്താവാ ചോദിച്ചുകൂടാതല്ലേ അല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇതിലെ ഇതിലല്ല ഫലം അതിന് മറുപടി അൽഹു കഥാലിക്കാൻ ചോദിക്കാം തന്നെയാ ഞാനും പറയുന്നു അപ്പൊ ചോദ്യത്തിന് മര്യാദ വായിക്കാനുണ്ട് ചോദിക്കാൻ വേണ്ടി സമ്മനം തരുന്ന സമയമുണ്ട് അന്നേരാ ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ ചോദ്യം തുടങ്ങിയാലും അത് വെച്ച് പൂർത്തിയാക്കാൻ കഴിയുമോ ഇവിടെ കോളേജിലേക്ക് പോകുമ്പോൾ ഏകവിസാദിനെ ചതുക്കണ്ടെങ്കിൽ ആരോ കാര്യം ശ്രദ്ധിക്കണോ ഊപ്പറടുത്ത് അവർ ചോദിക്കല്ലേ ചെലവ് കുറിച്ച് പുറത്താക്കും എല്ലാം വ്യാഴം ചെല്ലും തീർന്നതിന് ശേഷം ഇനി ആരെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ നിന്നും ചോദിക്കാനുണ്ടോ അതിന്റെ അവസരമാണോ പറയുന്ന സമയം ആ അന്നേരത്തേക്ക് നീ അതോ കുറച്ച് ഇല്ലെങ്കിൽ ഞാൻ ഏതാ സുഹാലിന്റെ സമനെന്തെന്നൊരു സമയത്ത് അമ്മാനം തമിഴ് മർത്തപത്തൊക്കെ ഇലാ അത് മനസ്സിലാക്കലിലേക്ക് നിന്റെ ഫഹമെത്തിയിട്ടില്ലാത്ത കാര്യത്തിനെപ്പറ്റി ചോദിച്ചാൽ എന്താകും ആ സുവാലി മർമുമാകും ഇസ്ലാമിനെ സുഹാലിനോട് ആദ്യം തടഞ്ഞ അതിനാണ് ചോദിച്ചോ എന്തങ്ങനെ കബില അവ സമയത്തിന് മുമ്പ് ചോദിക്കാൻ പാടില്ല നീ ഓർ പറഞ്ഞിട്ടുണ്ട് கண்டது. faulted faultum allimu a'lamu bima ant labu ahrun wa bi awanil katbi mualliman ninik endinana mini nik arhabe ulladu ennum adine katbinda samayam eppolanu ennat kodru arinalayaam. waman yadhul lawanil katbi kulli darajati min maraqid darajati la yadhul awanu suali anhu katbinda samayam aabathunn katthunn kariyam edukgraikkiralle adine samayam aabathunn edu daradhayilum അതിനെപ്പറ്റി ചോദിക്കാനുള്ള സമയമായിട്ടില്ല ചോദിച്ചാലല്ലേ കശ്മ് വരുത്ത് കശ്മിന്റെ സമയമായിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാനുള്ള സമയമായിട്ടില്ല അവനോട് പെരുപ്പിക്കാതിരിക്കാൻ ആലിമയോട് കാട്ടേണ്ട മര്യാദയാകുന്നു മാത്രമല്ല വല തുൽ ജവാബ് ജവാബിലി അങ്ങോട്ട് കണ്ടാനും പാടില്ല ജവാബ് പറഞ്ഞ പിന്നെ എന്നെ മോള് കട്ടിട്ട് ചോദിക്കലുണ്ടല്ലോ അതും കിട്ടൂല വല തു കത്തില അദ്ദേഹത്തിന് മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആവർത്തിച്ച് കൊറച്ചും കൂടാതെ കൊറച്ചും കൂടാമെന്ന് പറഞ്ഞിട്ട് എന്നെ മോള് കൂട്ടിൽ ആവർത്തിച്ച് ചോദിക്കാനും പാടില്ല മടി വെച്ച് അത് അടുക്കട്ട് ഇപ്പം കാണുവെച്ചാല് ആയിക്കോട്ടെ ഏറ്റവും കൂടാപ്പ് ഞാൻ പഠിക്കാൻ കത്തിക്കുന്നു നിങ്ങനെ മടികട്ടിയെന്നിട്ട് എങ്ങനെ നിർവഹിക്കാനും നിർവസിക്കാനും പാടില്ല ഒരു വസീലൊന്നുമല്ല വല ത സൗദിതാഹന ഓറെണീച്ച് പോകാൻ പോകേണ്ടി ആ ഇരിക്കാന്ന് വേണ്ടി കുപ്പാൻ പിടിച്ചു നോക്കുന്നുണ്ടല്ലോ ഒന്നും പറ്റൂല വല തുരൂർവൻ അദ്ദേഹത്തിന്റെ ഒരു ചെറുതും നീ പരസ്യപ്പെടുത്താൻ പാടില്ല വല തകർത്താപൻഹു അവരെടുത്തിൽ വെച്ച് ഒരാളെ ദൈവത്തും നീ പറയണ്ട വല തന്നഹു അദ്ദേഹത്തിന്റെ കുറ്റവും കുറവ് നീ കണ്ടുപിടിക്കാൻ നിൽക്കിയും വേണ്ട െ ഞാൻ പറഞ്ഞു ഇൽമി നീ ബിഞ്ചി പറ്റോ ഇല്ലെന്ന് നോക്ക് അന്തി എന്താണ് അടുക്ക എന്തെങ്കിലും ഉണ്ടാവും അത് നിന്ന് നിന്ന നിക ഇത്തരം വരില്ല വൈതല്ല കബിരത്വമായ അഭിറത്വവും വല്ല പഴവും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു നീ സ്വീകരിക്കണം ണം അദ്ദേഹത്തിന് ആദരിക്കണം അദ്ദേഹം അന്നാന്റെ അമറിനെ കാക്കുന്ന കാലത്തോടെ അപ്പൊ അള്ളാന്റെ ദീനെതിരായ ഇതൊന്നും ബുലം അന്നാന്റെ അമറിനെ കാത്തുസൂക്ഷിക്കുന്ന കാലത്തോളം വല തതിരി തമാമഹോ മുമ്പിൽ പോയി ചിരിക്കാൻ പാടില്ല വൈകാലാജത്വം വല്ല ഹാജത്വം അദ്ദേഹത്തിനുണ്ടെങ്കിൽ മറ്റുള്ള ബോബിനേക്കാളും നീ കാലേക്കൂട്ടി രംഗത്ത് വരണമെന്നാണ് ഹിദമത്തിൽ മറ്റുള്ള ആളാക്കുന്നതിനേക്കാളും ഞാനാക്കാൻ ബന്ധപ്പെട്ടാളും ഹിദമത്തിൽ അലി റബീണ്ട കലാമെടുക്കട്ടുണ്ടോ അൽഫോബിയാണ്